നിത്യസത്വസ് ഗുണദ്വയ നിത്യപ്രവൃത്തസത്വ സത്വ പ്രചരണം സാധനങ്ങൾക്ക് പോലെ രജഗുണപ്രധാന സത്വാധികുണമാണ് അതുകൊണ്ട് ഗുണദ്വയ രണ്ട് ഗുണങ്ങളില്ലാതെ രജസ്യം തമസം ഇല്ലാതെ സത്വം മാത്രമായ ഐക്യം ഇപ്പൊ തന്നെ സത്വം ആണ് പക്ഷെ രസമാണ് കൂടുതൽ സത്യമാണ് നമുക്ക് ശാന്തര ഭാഷയത്തിൽ നിന്ന് കിട്ടാത്ത ഒരാശയമാണ് രാമായു രാജ്യത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് തെട്ട് പറയാനുള്ള കാരണം നിത്യസത്വസ്ഥ പറഞ്ഞിരിക്കുന്നു ഇവിടെ വ്യാഖ്യാപനത്തിൽ പറയുന്നുണ്ട് നിത്യസത്വസ്ഥ അബക്ഷി പതിവ് അവതാരം ഗർഭം ഇതികളാണ് നിത്യസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദത്തെ അബക്ഷി ശബ്ദം പറഞ്ഞു മനസ്സിലാക്കുന്നു അബ് ഭക്ഷണം അബക്ഷ അപ്പെന്ന് വെച്ചാൽ ജലം ഭക്ഷണ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണം അതാർക്കാണെന്നുള്ളതുപോലെ അംഭക്ഷകളും ഇപ്പോ അപ്പു അപ്പുഭക്ഷ എന്ന് പറയുന്നത് അബ്ഭക്ഷ വായുഭക്ഷ ഇത്തരം പ്രയോഗങ്ങളെല്ലാം പാണുകളുടെ വ്യാകുന്ന മഹാഭാഷ പതഞ്ജലി പ്രയോഗിച്ചിരിക്കുന്നത് വ്യാകനത്തിൻ്റെ അവിടെ അത് പ്രയോഗിക്കാൻ കാരണം അബ്ഭക്ഷൻ അർത്ഥം അപ് ഏവപക്ഷം ജലം മാത്രം ഭക്ഷിക്കുന്ന ആണം പക്ഷി മത്സ്യത്തെ ഉണമെന്ന് പറയും വായുപക്ഷെച്ച വായു മാത്രം ഭക്ഷിക്കുക വായു ഏവപക്ഷ വായു മാത്രം ഭക്ഷിക്കുന്നതുകൊണ്ടാണ് വായുപക്ഷത് സർപ്പം അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട് അവിടെ ഏവശബ്ദം പ്രയോഗിക്കാറില്ല ഉപദാഹരണാർത്ഥം ഏവശത്വം പ്രയോഗിക്കുക പ്രയോഗിക്കാതെ ആ അളം കിട്ടുന്നതിനും കാരണമായിട്ട് ഈ പ്രയോഗങ്ങൾ ഇഞ്ചന പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു അപ്പ് ഭക്ഷിക്കുന്നു എന്നു പറഞ്ഞാൽ അപ്പ് മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ വേറൊന്നും ഭക്ഷിക്കുന്നു വായു ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് വായു മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ വേറൊന്നും ഭക്ഷിക്കുന്നു മത്സ്യം പഴയ വിശ്വാസമാണെങ്കിൽ മത്സ്യം സർപ്പം അപ്പോ ഏവ ശബ്ദം പ്രയോഗിക്കാതെ തന്നെ ഏവശബ്ദത്തിന്റെ അർത്ഥം കിട്ടും ചില ശബ്ദങ്ങൾ അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൃത്യസത്വസ്തു പറഞ്ഞാൽ സത്വം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവനായി തീർന്നത് ഇപ്പൊ രജസമുണ്ടോ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സത്വം മാത്രമുള്ളവനായി തീർന്നു എന്നാണ് ഈ എന്ന് പറയുന്നതിന്റെ എന്നാൽ കർമ്മയോഗിയാണ് കർമ്മയോഗി കർമ്മയോഗം ചെയ്യാനാണോ ആവശ്യപ്പെടുന്നത് ജ്ഞാനയോഗം ബുദ്ധിയോഗം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എനിക്ക് പറയും അതൊന്നുമല്ല ഇവിടെയും പറയുന്നത് എന്താണ് വീതനും ഇവിടെ രാമാനുചാചാര്യനും വ്യാഖ്യാനിക്കുന്ന നീ കർമ്മയോഗിയായിരിക്കണമെന്ന് തന്നെയാണ് പക്ഷെ കർമ്മയോഗിയാണെങ്കിലും നീ സത്വാധിക്യം ഉള്ളവനാണ് ത്രൈകുണ് ആകാൻ പാടില്ല മൂന്ന് ഗുണങ്ങളോട് കൂടിയവനാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു നിസ്ത്രീകളിൽ നിന്ന് വെച്ച മൂന്ന് ഗുണങ്ങളിലും കിടന്നിങ്ങനെ കറങ്ങാൻ പാടില്ല നിത്യസസ്വെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ എന്താണോ അതാണോ അവിടെ മിശ്രയൂല്യത്തില് വേദാനത്തിൽ പറഞ്ഞു ആ ഇന്ന് സങ്കീർണ്ണമായ ഗുണങ്ങളോടുകൂടിയിരിക്കരുത് പിന്നെ എന്തായിരിക്കണം സത്വാധിക്യം ആ ഉള്ളവരാളെ ഇനി അത് മാത്രമായിരിക്കും നിത്യം സത്വത്തിൽ സ്ഥിതി ചെയ്യാം അതി അങ്ങനെ അല്ലല്ല നിശ്രയ ഗുണമെന്ന് വെച്ചാൽ മൂന്ന് ഗുണത്തിലായി നിൽക്കരുത് നിത്യസത്വ സത്വസ്ത് വെച്ചാൽ സത്വം ആധികത്തിൽ നിൽക്കട്ടു കഴിഞ്ഞിൾ വ്യത്യാസം അതാണ് നിശ്രയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെക്കെപ്പോജസ്സും സത്വവും താമസവും എല്ലാം മാറി മാറി നിൽക്കും അങ്ങനെ നിക്കരുത് പിന്നെന്ത് ചെയ്യണം നിത്യസത്വസ്ഥനായിരുന്നു ഇപ്പൊ നീ സത്വ ഗുണം കൂടുതലുള്ളവനാണ് അതിൽ ഇനി അത് മാത്രമായി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ഒരു വിശദീകരണം ശങ്കരഭാഷത്തിൽ ഒരിട്ടത്തിലെത്തത്തില്ല അതിന് രഹ്മാനുജാ താങ്ക്സോട് പറയണം കഥം ഇനി ചെയ്യും എങ്ങനെ എങ്ങനെ ആയിരിക്കാൻ പറ്റും എപ്പോഴും സത്യത്തിൽ ഇരിക്കാൻ സത്വഗുണത്തിൽ നടത്തു പറയുന്നത് നിർയോഗ്യത്തിൽ ആത്മസ്വരൂപ തത്പ്രാപ്തിപായ ബേർഭൂതാനാം അർത്ഥാനം യോഗം പ്രാപ്താനാം ചേമം പരിത്യജ്യ പരിത്യജിക്കാം ആത്മസ്വരൂപ തത്പ്രാപ്തി ഉപായർഭൂത ആത്മസ്വരൂപപ്രാപ്തിക്കും പിന്നെ അതിന്റെ പ്രാപ്തിക്കുപായമായിരിക്കുന്ന കാര്യങ്ങൾ അതിന് പുറത്തുള്ള വസ്തുക്കളെല്ലാം സമ്പാദിക്കുക അതിനൊരു യോഗമെന്ന് പറയും ആത്മസ്വരൂപപ്രാപ്തി അല്ലെങ്കിൽ ആത്മസ്വരൂപപ്രാപ്തിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം സമ്പാദിക്കാം ഇനി പറയാൻ പോകുന്ന ശമതമാദികളും ഗുണങ്ങളും എല്ലാം അഹിംസ സത്യം തുടങ്ങിയ ഗുണങ്ങളും കർമ്മയോഗവും ഭക്തിയും എല്ലാം അതൊക്കെ സമ്പാദിക്കാം എന്താണ് ബഹിർഭൂതാന അതിന് പുറത്തുള്ള കാര്യങ്ങൾ സമ്പാദിക്കരുത് അങ്ങനെ സമ്പാദിക്കുന്നതിനാണ് ഇവിടെ യോഗമെന്ന് പറയാം എന്ന് വെച്ചാൽ ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല യോഗം കാരണം യോഗ ശബ്ദം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തിരുത്തിരിക്കുന്നു അല്ല ഗീതയിൽ ആവർത്തിച്ചു ആവർത്തിച്ച് യോഗം വരുമ്പഴും യോഗമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം വരാൻ പാടില്ല അപ്പോ നിശ്രേയസത്തിന് ഉപകരിക്കാത്ത സമ്പാദ്യങ്ങളെല്ലാം യോഗം ഇനി പ്രാപ്താനാംച്ച ക്ഷേമം ഇനി അങ്ങനെ സമ്പാദിക്കുന്നതിന്റെ രക്ഷ അതാണ് ക്ഷേമം ഇത് രണ്ടും രണ്ടും ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചിട്ട് ആത്മാവാ കുറച്ചുകൂടെ നേരെ വ്യക്തമായി പറയും സങ്കരാചാര്യം ഇങ്ങനെ തന്നെ അർത്ഥം പറയുന്നത് യോഗവും ക്ഷേമവും അപ്രാപ്തമായവയ്ക്ക് സമ്പാദിക്കുന്ന യോഗമൊന്ന് പൊതുവായ രീതിയിൽ പറയും സമ്പാദിച്ചതിന് സംരക്ഷിക്കുന്ന ക്ഷേമവും പറയും ആ യോഗക്ഷേമങ്ങൾ വേണ്ട അതാണ് നിറയോഗക്ഷേമം അതിലൂടെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയും ഒന്നും സമ്പാദിക്കരുതെന്ന് പറയുന്നില്ല ആത്മീയ ഗുണങ്ങളൊക്കെ സമ്പാദിക്കാം അതൊക്കെ വേണ്ടതാണ് അല്ലാത്തത് സമ്പാദിക്കരുത് സമ്പാദിച്ച് സംരക്ഷിക്കാനും ശ്രമിക്കും അതെല്ലാം ജയിച്ചിട്ട് ആത്മാവാനുഭവം ആത്മസ്വരൂപ അന്വേഷണ പുരോഗം ആത്മവാൻ എന്ന് അർത്ഥം പറയണം ആത്മസ്വരൂപ അന്വേഷണവനോ ആത്മസ്വരൂപത്തെ അന്വേഷിക്കുന്നവനായി കരുതാറുള്ളതാണ് ആത്മശബ്ദത്തിൽ നിന്നും മതിപ്പ് പ്രത്യേകം വരുമ്പോഴാണ് തത് അസ്ത്യസ്ത്യസ്മ പലർത്ഥത്തിലും വരാറ് രൂപനിന്ദ പ്രശംസ യോഗി അഭിസമായ സംബന്ധി അസ്ഥിവിപുക്ഷായ ഭഗവതം അഥവാ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ആത്മസ്വരൂപാന്വേഷണം എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ഇവിടെ എടുത്തത് പക്ഷെ ചന്ദ്രന്റെ അടുത്തത് അതല്ല ആത്മവാൻ അപ്രമത്വോഭവ പ്രമാദമില്ലാത്തവനായിരിക്കുക അപ്പൊ ഇത് മൊത്തം രീതിയിലെ ഒരു വ്യാഖ്യാന രീതി വെച്ച് നോക്കുമ്പോൾ ശങ്കരാചാരുടെ വ്യാഖ്യാനമാണ് കൂടുതൽ യോജിക്കുന്നത് ശരി ഇവിടെ രാമാനുചാചാര്യരുടെ വ്യാഖ്യാനം അത്ര യോജിക്കുന്നത് ശങ്കരായ പറഞ്ഞത് പൊതുവെ ആത്മമാനമാണ് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നു ആത്മമാനം മനസ്സ് കൈപ്പിടിയിലൊക്കെയുണ്ട് ആത്മാന്ന് വെച്ചാൽ മനസ്സാണ് മനസ്സി മനസ്സുള്ളവൻ പിന്നെ ബുദ്ധിക്ക് ദൃഢതയുള്ളവൻ പ്രമാദം വീഴ്ചകളൊന്നും സംഭവിക്കാത്തവൻ പ്രമാദം വീഴ്ച വീഴ്ചകൾ ഒന്നും സംഭവിക്കാത്തവനാണ് ആത്മാവാൻ യോഗസന്യസ്ഥ കർമാണം ഞാൻ സംശിന്ന സംശയം ആത്മവന്തം അവിടെ വരുന്നുണ്ട് ആത്മവന്തം കർമാണി നിബധനന്തി ധനം ചെയ്യാം എന്നാലാണ് അധ്യായത്തിൽ നാൽപ്പത്തൊന്നാമത്തെ പദ്ധതി യോഗ സന്യസ്ത കർമാണം യോഗം കൊണ്ട് കർമ്മങ്ങളെയൊക്കെ സഞ്ചരിച്ചവൻ ജ്ഞാന സംസ്ഥിത സംശയം ജ്ഞാനം കൊണ്ട് സംശയങ്ങളെല്ലാം മാറ്റി ആത്മവന്തം ആത്മവാനായവനെ കർമ്മമാണ് നിബന്ധനന്തി കർമ്മങ്ങളൊന്നും അവനെ ബന്ധിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം അവിടെ ആത്മവന്തം ഇതേ ശബ്ദം തന്നെ വേറെടുത്ത് വരികയാണ് ആത്മവാൻ എന്റെ തിരിയഗവനോട് ആത്മവന്തം അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശങ്കരാചാര്യ പറഞ്ഞ അടുത്തത് തന്നെ രാമാനുജാചാര്യനും ആത്മവാൻ മനസ്സിന്ന് മനസ്സിന് ദൃഢതയുള്ളവൻ കാരണം ആത്മശബ്ദത്തിന് മനസ്സെന്നുള്ള അവരർത്ഥം ഗീതയിൽ പലയിടത്തും ഉപയോഗിക്കും ഉദ്ധരേത് ആത്മനാ ആത്മാനം ആത്മനാ മനസ്സുകൊണ്ട് ആത്മാവനെ ഉദ്ധരിക്കുക അവിടെ ആത്മനാ മനസ്സാ എന്നതെല്ലാം രാമാനുജാചാര്യ വ്യാഖ്യാനിച്ചിരുന്നു ആത്മീയവഹ്യാത്മനോ ബന്ധു ആത്മാവ് മനസ്സ് തന്നെയാണ് ആത്മനോ ബന്ധു ആത്മാവിന്റെ ബന്ധു അവിടെയും ആത്മശബ്ദത്തിനും മനസ്സെന്ന് തന്നെ അർത്ഥം അങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ ആത്മാന്വേഷണം എന്ന് പറയുന്ന ഒരർത്ഥം ശരിയല്ല യോജിക്കുന്നല്ല അവിടെ പക്ഷെ ശങ്കരാചാര്യ രണ്ടിടത്ത് ഒരേ അർത്ഥം തന്നെ പറയും അപ്പുറം അതുകൊണ്ട് യോജിച്ച അർത്ഥങ്ങൾ എടുക്കുക ആരോടും പ്രത്യേകിച്ച് നമേ ദേഷ്യസ്ഥിനിയ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമില്ല ആരും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആളോ യോജിച്ചർത്ഥേതോ അതെടുക്കാം അപ്പൊ പൂർവാപരമായി നമ്മൾ ചിന്തിക്കുമ്പോ സങ്കരചാര്യ തന്നെയാണ് ഇവിടെ കറക്റ്റ് രാമാനുചാചാര്യൻ ഇവിടെ പാളിപ്പോയി എന്ന് തന്നെ പറയുന്നത് പിന്നെ ഇവിടെ യോഗക്ഷേമത്തിന് വേറെ അർത്ഥം പറഞ്ഞിരിക്കുന്നു അപ്രാപ്ത പ്രാപ്തര് യോഗപ്രാപ്തസ്യ പരിരക്ഷണം ക്ഷേമം ഈ സംഗ്രഹര് പറഞ്ഞ അർത്ഥം തന്നെയാണ് മറ്റൊന്നുകൂടെ വിശദീകരിച്ചതേ ഉള്ളൂ ബരാക്കേറ്റ പാഠഭേദം ഏ പാഠഭേദമാണ് അതുകൊണ്ടത് എന്നു വെച്ചാൽ അങ്ങനെ കൊടുത്താതിന്റെ അർത്ഥം നമുക്കിഷ്ടമോടെ എടുക്കാം ഇങ്ങനെയൊരു പാഠമുണ്ട് നമുക്ക് സൗകര്യം പോലെ എടുക്കാം എന്നുള്ള പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട് ടീഗ അനുസരിച്ച് അങ്ങനെ ഒരു പാഠമുണ്ട് പൊതുവെ ടീഗയിൽ വരാത്ത പാഠങ്ങളാണ് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് ടീകാരൻ അങ്ങനെ ഒരു പാഠത്തെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ശങ്കരായിട്ട് പറഞ്ഞ അർത്ഥം തന്നെ ഇതുവരെ നേടാത്തതിനെ നേടുന്നതാണ് യോഗം നേടിയെ സംരക്ഷിക്കുന്നതാണ് ചെയ്യുന്നത് ഏവം വർത്തമാനത്തെ രചത്തമപ്രചുരത ഈ പറയുന്ന രീതിയില ജീവിച്ചു കഴിഞ്ഞാൽ വർത്തമാനസ്യത്തെ രജതമപ്രചുരത രജസിന്റെയും തമസിന്റെയും പ്രാചുര്യമാന്ന് നശിക്കും സത്വം ചവർദ്ധത സത്വം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇപ്പൊ തന്നെ എന്നുവെച്ചാൽ ഈ മൂന്ന് ഗുണങ്ങളിലും ഇങ്ങനെ മാറി മാറി നിൽക്കരുത് നിർദ്വന്ദ് സാംസാരിക സ്വഭാവങ്ങളെല്ലാം വിട്ടവനായിരിക്കണം നിത്യസത്വസ്ഥനായിരിക്കണം തമസിനെയും രജസനെയും വിട്ടിട്ട് സത്വത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു യോഗക്ഷേമനായിരിക്കണം യോഗക്ഷേമങ്ങൾ പാടില്ല ആത്മവാനമായിരിക്കണം ആത്മ മുഴുവ അല്ലെങ്കിൽ പ്രമാദ മനസ്സിൽ വീഴ്ചകളൊന്നുമില്ലാത്തവനായിരുന്നു എന്നാണ് ഈ ഇതിന്റെ അർത്ഥം ഇവിടെ മുതല് ഈ പദ്യം മൂന്നിനാണ് ശരിക്കും ഇതുവരെയുള്ള വ്യാഖ്യാനം രാമാനുജാചാര്യനും ശങ്കരാചാര്യനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഇവിടെ മുതലാണ് പലരിടത്തും വളരെ വളരെ കാര്യമായ വ്യത്യാസം അതിന്റേതായ ഗീതയെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഗുണപരമായ മാറ്റമുണ്ടാകും നമ്മൾ ഈ പഠിച്ചു വച്ചിരിക്കുന്ന ഗീത പലയിടത്തും അപ്രസക്തമാവും വെച്ചാൽ അത് വലിയ ഉപയോഗമില്ലാത്തതായിട്ട് പുതിയ രീതി നമുക്ക് മനസ്സിലാവും അനേറ്റവും വലിയ ഉദാഹരണങ്ങൾ നടത്തപ്പെട്ടി ഭഗവാൻ അർത്ഥവുധ സർവദ സമ്പൃദ്ധ ബോധകെ ഭവാൻ സർവേഷു ഏതേശേഷും ബ്രാഹ്മണസും ജാന വിധ സങ്കരഭാഷയും ഞാൻ ആദ്യം വായിക്കുന്നത് കെ മലയാളം നാട്ടിൽ ഇങ്ങനെ അന്വേഷണവും പഠനവുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം അന്ന് ഈ പദ്യം വായിച്ചപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ മനസ്സിലാകുന്നില്ല ഗീത വായിക്കുന്ന എല്ലാവർക്കും ഈ ഗീതാ ഭാഷം അത്ര അങ്ങോട്ട് ദയിക്കത്തില്ല എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷകാലം ഇതിന് കുറച്ച് ക്ലിഷ്ടമായി വ്യാഖ്യാനിച്ചു എന്നുവെച്ചാൽ ഒരുപാട് പദങ്ങൾ അധ്യാപിച്ച് വ്യാഖ്യാനിച്ചു അത് മൻസൂർ സുരസിൽ പറയുന്നുണ്ട് ഈ വ്യാഖ്യാനത്തിന് കുറച്ച് പദാധ്യാഹാരങ്ങൾ വരുന്നു അഗതികഗതി ഒരു വ്യാഖ്യാനിക്കുമ്പോ കഴിയുമെന്തല്ലോ അതിനുള്ള പദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുക മറ്റൊരു നിവർത്തിയില്ലെങ്കിൽ കൂടുതൽ പദങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കാനിക്കാം രാമാനുചാര്യർ അവിടെ ഗുണം എന്തെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളായി വയ്ക്കും അതുകൊണ്ട് എന്റെ അർത്ഥം വളരെ സരളമാണ് മറ്റതും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം പക്ഷേ അത്രയാൾക്കും മനസ്സിലാകത്തില്ല ഇവിടെ എന്താണ് വ്യാഖ്യാപിക്കുന്നത് എന്ന് വെച്ചാൽ സർവേ സർവസ്വാധി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും സ്വീകരിക്കേണ്ടതില്ല വേദവൻ പല കാര്യങ്ങളും പറഞ്ഞു അതാണ് എന്നുവെച്ചാൽ വേദോദിതം സർവം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സർവസ്വാധയാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതില്ല ഇതാണ് ഈ സ്രോത്തിൽ പറയുന്ന ആശയം എന്നാണ് അതുകൊണ്ടെന്താണ് അത് ഒരു ചെറിയ ഉദാഹരണത്തിനുള്ള വ്യക്തമാക്കിയ യഥ സർവാർത്ഥ പരികല്പ്യതേ സഹോദസമ്പൃദോദരെ ഉതവാനെ സർവാർത്ഥപരികൽപ്പേ എല്ലാ ആവശ്യങ്ങൾക്കും യോഗ്യമായ സർവത സമ്പളോദാനും അരഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ജലാശയം നമ്മുടെ എന്താവശ്യവും അവിടെ നടത്താം കുടിക്കാം കുളിക്കാം കൃഷിക്ക് ഉപയോഗിക്കാം എല്ലാത്തിനും അതാണ് സർവത സർവാർത്ഥ പരിഗണിക്കുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കപ്പെടുന്നതായ സർവതസമ്പ്രതോതയെ നിറഞ്ഞു കളിഞ്ഞൊഴുകുന്നതായ ഉതപാലി ജലാശയത്തിൽ ആ ജലാശയത്തിൽ നിന്നും വിപാസോഹോ യാവാണ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താണോ പ്രയോജനം യാവദേവ പാനീയം പ്രയോജനം വെള്ളം കുടിക്കുക എന്നൊന്നാണ് അവിടുത്തെ പ്രയോഗിക്കുന്നത് ഒരുപാട് വെള്ളമുണ്ട് ദാഹിച്ച് മറിഞ്ഞു ഒരുവനാണ് എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം എന്താണ് അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വലിയ ജലാശയമാണ് അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും ഒന്നും അവരെ സംബന്ധിച്ച് വിഷയമുണ്ട് അവനെ സംബന്ധിച്ച് എന്താണ് കുറച്ച് വെള്ളം കുടിക്കുക ഇതാണ് വളരെ ലഘുവായ സിമ്പിളായ അർത്ഥമൊന്നുമുണ്ട് അപ്പോ താപദേവരെ അനുപാതിരേ അതുമാത്രമേ ആണ് സ്വീകരിക്കുന്നത് അല്പം വെള്ളം ഒരു വെള്ളം ദാഹം മാറ്റം അനാശം മുഴുവൻ കുടിച്ചു വെച്ചിട്ടില്ല യാവതയും പ്രയോജനം താവതയും അദ്ദേഹം പാദം എന്താണ് പ്രയോജനം അതേ അരിക്കുന്നത് എന്നാ സർവം ദാഹിച്ചു തെല്ലുന്നവൻ അതാണ് പ്രത്യേകം പറഞ്ഞ പിന്നാഗ്രഹിക്കുന്നവനാണ് പിപാസ് അവന അതുകൊണ്ട് എല്ലാ കാര്യവും നടത്തുക എന്താണ് ആവശ്യം നടത്തും ചിലപ്പോൾ ഒരു കൈക്കൊമ്പിൾ വെള്ളം കൊണ്ട് അവന്റെ ദാഹം മാറിയാകുന്നു എന്നാൽ സർവം എല്ലാ കാര്യങ്ങളും നടത്താൻ പോകുന്നില്ല അതാണ് യവാന ഭൂതവാനെ സഹത സമ്പ്രദൂതഹേ താമാ ഇതുപോലെയാണ് ഏവൊന്നും സർവേഷ വിവിധേഷു ബ്രാഹ്മണസ് വിചാരത്തിലാണ് ഇതുപോലെയാണ് സർവേഷിക വേദേഷം സർവവേദങ്ങൾ എന്തെച്ചാൽ കർമ്മകാണ്ടും ജ്ഞാനകാണ്ടും എല്ലാം കൂടെ ചേർത്ത് വരുന്ന വേദത്തെ ബ്രാഹ്മണസ്യചാര ബ്രാഹ്മണസ്യ വിചാരങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞു കഴിയാണ് വൈദികസ് മൂക്ഷം വൈദികനായ മോക്ഷം അപ്പോ വൈദികനായിരിക്കുന്ന ഒരു മോക്ഷ വ്യക്തത കുറയും വൈദികനായ മൂക്ഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേദം ജാനാതീതി വൈദിക വേദത്തെ അറിയുന്നവനാണ് പറയുന്നത് വൈദികം അപ്പോ വൈദികനായ മോക്ഷം എന്ന് പറയുമ്പോൾ വേദത്തെ അറിയുന്നവർ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ അർത്ഥം പറയാൻ കാരണം വൈദികൻ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരുമാണ് വേദത്തെ അറിയുന്നത് ഈ മൂന്ന് പേർ കാര്യമാണ് കൂടെ പറയുന്നത് സർവേഷിന്റെ വേദേഷു ബ്രാഹ്മണസ്യ വൈദികസ് മോക്ഷോ യഥ മോക്ഷസാധനം അവർക്കെന്താണോ മോക്ഷത്തിനെന്താണോ സാധനം ഏതൊക്കെ പല കാര്യങ്ങളുമുണ്ട് നിത്യം കാവ്യം നിശിദ്ധം നൈമിത്യം പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട് ഉപാസനങ്ങളുണ്ട് തത്വജ്ഞാനമുണ്ട് എല്ലാമാണ് വൈദിക മോക്ഷം എന്താ ചെയ്യുന്നത് യഥേവ മോക്ഷം സാധനം മോക്ഷത്തിനെന്താണോ ഉപകരിക്കുന്നത് തദവ പാത്രം അതേ അവര് ഞാൻ ഒരു പേരെന്നു ഇതാണ് ലളിതമായ അതിന് ഉദാഹരണമെന്ന് പറഞ്ഞ് എത്ര വലിയ ജലാശയമായാലും ശരി ദാഹിക്കുന്നവൻ അതിൽ നിന്ന് വെള്ളം കിട്ടും അവൻ അത് മാത്രമേ കാരണം അവനെ ദാഹം മാറ്റുക അതുപോലെ ഒരു വൈദിക മൂക്ഷം വേദത്തിൽ നിന്ന് എന്താണോ ആവശ്യമുള്ള മോക്ഷ സാധനം അത് മാത്രമേ സ്വീകരിക്കും ബാക്കിയുള്ളവർ മോക്ഷസാധനം എന്തെന്നുള്ളത് പിന്നെ അത് മറ്റൊരു വിഷയമാണ് പക്ഷെ മോക്ഷത്തിന് സാധനമായത് മാത്രമേ സ്വീകരിക്കും ജ്ഞാനമാകാം ഭക്തിയാകാം കർമ്മയോഗമാകാം ഉപാസന സാധാം എന്തായാലും ശരി മോക്ഷസാധനം മാത്രമേ അവ സ്വീകരിക്കും ഇത് വളരെ സ്പഷ്ടമാണ് എത്ര വെള്ളമുണ്ടായിരുന്നാലും വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന വെള്ളം കുടിക്കും മറ്റും ും പോകത്തില്ല അതുപോലെ വേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എന്തോ അത് അറിയുകയും ചെയ്യുന്നു അവിടെ വൈദികനായ മോക്ഷം പറയാൻ കാരണം വേദം എന്ന് പറയുമ്പോൾ അത് ത്രൈവർണ്ണികർക്കാണ് അതിന് അധികാരം അതുകൊണ്ട് അവരെ കുറിച്ച് പറയുക സിമ്പിളാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യൂടെ അതിവ്യാഖ്യാനിച്ച് ചതുരാർക്ക് എന്താ അബദ്ധം പറ്റിയത് സർവത സമ്പ്രദോ അല്ലെങ്കിൽ ഉത്തപാനെ രണ്ടാഴ്ചടുത്ത് രാമാനുചാര്യയിലോ ഉതപാനത്തിന്റെ വിശേഷണവുമായി സമ്പ്രദോദകത്തെ സർവത അപ്പോൾ ഒരുപാട് പദങ്ങളെയൊക്കെ അധ്യാപരിച്ച അർത്ഥം പറയുന്നു എന്തർത്ഥം പറഞ്ഞു ഒരു വലിയ ജലാശയത്തിൽ ഒരു ചെറിയ ജലാശയത്തിലുള്ള എല്ലാ പ്രയോജനങ്ങളും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ ശങ്കരായർത്ഥം ഒരു വലിയ ജലാശയത്തിൽ അതിനുവേണ്ടി അങ്ങനെ അർത്ഥം പറഞ്ഞു എന്നുള്ളതല്ല അതിനുവേണ്ടിയിട്ട് ചെട്ടത്തത്ത് തുടങ്ങിയ പദങ്ങളെല്ലാം പുറത്തുന്നുണ്ട് പിന്നെ രണ്ടാക്കി എന്നുവെച്ചാൽ ശങ്കരാചാര്യർക്ക് വലിയ ജലാശയം വേറെ ചെറിയ ജലാശയം യെഡിസിനെ കുറിച്ച് പറയുന്ന പോലെ വലിയ പൂച്ചയ്ക്ക് ഇറങ്ങാണ്ട് ചെറിയ പൂച്ചയ്ക്ക് ഇറങ്ങാണ്ട് അതിബുദ്ധി അതുപോലെ ഇവിടെ എൻ്റെ ഇത് വാരിബുദ്ധി കാണിക്കും വലിയ ജലാശയം വരെ ചെറിയ ജലാശയം അപ്പൊ വലിയ ജലാശയത്തിൽ ചെറിയ ജലാശയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുമാണ് അതുപോലെ ബ്രഹ്മജ്ഞാനിയുടെ ആ പരമാനന്ദത്തിൽ വേദത്തിൽ പറയുന്ന മറ്റ് കർമ്മഫലങ്ങളെല്ലാം അന്തർഭവിച്ചിരിക്കും എന്ന് ഇതിനെ യോജിപ്പിച്ചു ജീയ ജലാശയത്തിന് ചെറിയ ജലാശയത്തിന്റെ കാര്യങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു ഇതുപോലെ ഇത് വരുന്ന ദോഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആശയത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിശേഷ വിശേഷണങ്ങളായി അന്വയിച്ചാൽ തീരുന്ന പരിസരമേ ഉണ്ട് അങ്ങനെ രാമാനുചാര്യതുപോലെ സർവോദ സംബന്ധോദയോതമായ ഒരുമിച്ചെടുത്താൽ മതിയാണ് അനുപോരം രണ്ട് ആയിട്ടെടുത്ത് എത്തിത്ത പദങ്ങളെയൊക്കെ അധ്യാഹരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് വേദത്തിൽ പറയുന്ന കർമ്മങ്ങളുടെയുള്ള എല്ലാ ഫലങ്ങളും ബ്രഹ്മജ്ഞാനത്തിൽ അന്തർഭവിച്ചു നിന്നൊരാൾക്കുണ്ടാവും അധ്യാഹാരദോഷമാണ് പ്രധാനമായി വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമെന്താ നിറഞ്ഞ് കവിഞ്ഞ് ജലാശയമൊന്നും ഒരുമിച്ച് കിടത്താൻ പറ്റും പിന്നെ ഈ പറയുന്ന അധ്യാഹാരത്തിൻ്റെയൊന്നും ആവശ്യമില്ല അതിലൂടെ ഒരാൾ ഇവിടെ ഇപ്പം ആരുമാകാം ഇവിടെ വികാസം എന്നൊരു ഉദാഹരണം പറയുന്ന കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവനത് ചെയ്യും പാചകം ചെയ്യേണ്ടവനാണെങ്കിൽ അവൻ അത് ചെയ്യും ദാഹിക്കുന്നവനാണെങ്കിൽ അത് ചെയ്യും അവിടെ അധ്യായത്തിന്റെ പ്രശ്നം അതുപോലെ ഒരു വൈദികൻ വേദത്തിൽ നിന്ന് അവനാവശ്യമുള്ളതെടുത്തു എന്ന് പറയുമ്പോൾ പദങ്ങളെ പരസ്പരം വിശേഷ വിശേഷങ്ങളായി അന്വേഷിച്ച് നേരിട്ടൊരാർക്കം പറയാം അധ്യാഹാരദോഷം പക്ഷേ ഈ നമ്മുടെ ചിന്ത മാറിക്കണം ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കണമെന്ന് പറയുന്നത് കാരണം രാവാങ്ങൾക്ക് ഉദഭാവന ആദ്യത്തെ പദത്തി കിടക്കുന്ന ഉദഭാവന രണ്ടാമതീന്ന് കിടക്കുന്നു സർവ്വത സമ്പ്രദോ തന്നെ ഇത് കാണുമ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നു നമുക്ക് തോന്നിപ്പോതാനം വേറെ മുതബാനം ഒരു ജലാശയം സർവത സമ്പ്രദിനെ കുറിച്ച് പറയണമെന്ന് തോന്നിപ്പോ രണ്ട് പാദങ്ങളിലായിട്ട് കിടക്കുന്നു അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ശങ്കരാചാര്യ രണ്ടാക്കി വെക്കുന്നത് രാമാനുചാചര് തോന്നിയില്ല ആളുകൾക്കൊക്കെ സിമ്പിളാണ് അതിബുദ്ധിയുള്ളവർക്ക് കൂടുതൽ ദോഷം കൂടുതലൊരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടിത് എന്താണ് സരളവ്യാഖ്യാനം സമാനുജാ ജന പറഞ്ഞത് അധ്യായിക്കേണ്ട കാര്യമില്ല ഉതപാനും സർവ്വതസമ്പ്രദോധവും എടുക്കുക അർത്ഥം വളരെ സരളമായി പറയാം ഒരു നിറഞ്ഞ കവിഞ്ഞ ജലാശയക്ക് ഒരാൾക്ക് എന്താണോ ആവശ്യം അതായത് അത് സ്ഥിരിക്കുകയും അതുപോലെ ഒരു മമ്മൂട്ടു വേദത്തിൽ നിന്നാണ് എന്താണോ വേണ്ടത് അതിന് എന്തൊക്കെയുണ്ടായത് അതായത് സ്ഥിതി അതൊരു നേരിട സിംപിളായ അപ്പോൾ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കിടന്ന് ഒഴഞ്ഞു അറിയേണ്ട കാര്യം ഇത് ശരിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ഇതൊക്കെ ഈ ബുദ്ധിമുട്ടൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വായിക്കിട്ട് വായിക്കുന്ന പറയുന്നു പ്രശ്നമേ അവർക്ക് ലീതാശ്ലോകം എന്തായാലും ശരി അതവിടെ ഇരിക്കും അവിടെ മനസ്സിൽ തോന്നിയത് അവർ പറഞ്ഞു മെടുക്കന്മാരങ്ങനെയാണ് ധുനിക വ്യാഖ്യാതാക്കളൊക്കെ പലരും അവര് ഈ ഇപ്പോ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായിട്ട് ഇതാണ് അടുത്ത പദ്യത്തിൽ വളരെ സ്പഷ്ടമാണ് പദ്യത്തിൽ ഇല്ലാത്ത ഒരർത്ഥം അതിന്റെ അടുത്തുകൂടി പോയിട്ടില്ലാത്തർത്ഥം ശങ്കരാചാര്യ എന്തിനാ അങ്ങനെ സാഹസം കാണിക്കുന്നു തന്റെ സിദ്ധാന്തത്തിന് ഇതിനെ യോജിപ്പിക്കും അങ്ങനെ ചെയ്യാൻ പാടുമ്പോ ഇല്ല എന്തുകൊണ്ട് പാടില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പറയും ചന്ദ്രദേശം പോലെയുള്ളവർക്ക് അഭിസ്സിക്കുന്നത് ഭഗവാൻ പറഞ്ഞതെന്നാണ് ഭഗവാന്റെ പോയ വാക്യങ്ങളിൽ കയറി കസർത്ത് കാണിക്കാമോ ആ കാണിക്കുന്നത് ശരിയാണ് അതിനെ നേരിട്ടല്ലേ അർത്ഥം പറയേണ്ടത് തന്റെ സിദ്ധാന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിനകത്ത് ആവശ്യമില്ലാത്തത് ചെയ്യാൻ പാടില്ല പക്ഷെ സിദ്ധാന്തമാണ് അവിടെ മുഖ്യം ഭഗവാൻ പറഞ്ഞാൽ ശരിയല്ല അത് തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാവുന്നതാണ് അതിനുവേണ്ടി ഏതം വരെയും പോകും അതാണ് പഴയ വ്യാഖ്യാതാക്കൾക്കുള്ള ഒരു പ്രശ്നം ആധുനിക വ്യാഖ്യാതാക്കൾക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആധുനിക വ്യാഖ്യാതാക്കൾക്ക് മിക്കവാറും പേർക്കും നേരെ ചൊവേ സംസ്കൃതം അറിയത്തില്ല പ്രത്യേകിച്ച് ഈ ആനന്ദന്മാര് മിക്കവാറും പേര് നേരെ ഇവിടുന്ന് ഹിമാലയത്തിലേക്ക് പോവും അവിടെ കുറച്ച് കറങ്ങി കിടക്കും ഏതെങ്കിലും സ്വാമിമാരുടെ അടുത്ത് പോയിട്ട് കുറച്ച് വേദാന്ത കേട്ട് മനസ്സിലാക്കും പിന്നോട്ട് വന്നു വിധ യജ്ഞം തുടങ്ങി സംസ്കൃതം പഠിക്കത്തില്ല അതിനുവേണ്ടി പരിശ്രമിക്കത്തില്ല അതിനകം എന്തൊക്കെയാണോ പഠിച്ചുവെച്ചിരിക്കുന്നത് അതുവരെയുള്ള ലൗകിക വിദ്യാഭ്യാസം ആ ലൗകിക വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഗീത അംഗാന എനിക്ക് തകർന്നു അവർ ചെയ്യുന്നത് വലിയ നാശമാണ് അത് ഗീതയോട് ചെയ്യുന്ന വലിയ അപരാധം അവരുടെ മനസ്സിൽ സ്വർണ്ണ അർത്ഥങ്ങൾ കഴിയും പിന്നെ കുറച്ചൊക്കെ സംസ്കൃതം പഠിച്ചവരും ഇങ്ങനെയുള്ള വികട സരസ്വ പുറത്തെടുക്കുന്ന കണ്ടിട്ടുണ്ട് കാരണം അതേപോലെ പൊളിറ്റിക്സ് പൊളിറ്റിക്സിനനുസരിച്ച് വയ്ക്കാൻ അത് മറ്റൊരു എന്നാൽ ഇത് ഭഗവാന്റെ വാക്യമാണോ എന്നൊക്കെ പറയുകയും വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ ഒരു പരിഗണനയും ഭഗവാൻ കൊടുക്കത്തുകയും അവരവരുടെ മനോകൽപ്പനകൾ എല്ലാം പുറത്തെടുത്തു ഇങ്ങനെ രണ്ടു പ്രശ്നമാണ് കഴിയുന്നതും പക്ഷപാതം പിടിക്കാം നമുക്കറിയാവുന്ന സംസ്കൃത ജ്ഞാനം വെച്ചുപോയി നേരർത്ഥങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഷയും കൂടെ എടുക്കാവുന്നത് ശാന്തര ഭാഷയ്ക്ക് മാത്രം നീക്കാത്ത എന്താ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക ഇത് തന്നെ ഇപ്പോ എത്ര ലളിതമായ അർത്ഥം വന്നു സിമ്പിളായിട്ട് ഉദപാലം എന്ന് പറയുന്നതിന് വിശേഷമായി സർവത സമ്പ്രദത്തപ്പോ പ്രശ്നം തീർന്നു ഇത് പ്രശ്നമാണെന്ന് ഞാനല്ല പറയുന്നു മത്സ്യ അനുസരിച്ചതിയാണ് പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ പദങ്ങളൊക്കെ അധികരിക്കേണ്ടി വരുന്നുണ്ട് പ്രശ്നം മത്സ്യനുസരി ശങ്കരായിട്ട് വ്യാഖ്യാനം ബിരുദ തന്നെ അതാണ് കിരടത്തൊക്കെ മാറ്റി അധ്യാഹാരം ദോഷമായോണ്ടാ പറയുന്നത് അങ്ങനെ അല്ലാതെ വ്യാഖ്യാനങ്ങളൊക്കെ അതാണെന്ന് ഇവിടെ വ്യാഖ്യാനമാണ് അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു മറ്റ് ആംഗല ഭാഷ ബുദ്ധി പൊഴിഞ്ഞു മറിഞ്ഞവർ വളരെ ലളിതമായി മനസ്സിലാക്കും ഒരു മൂർട്ടവും വേദത്തിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് അതുമാത്രമേ അവൻ സ്വീകരിക്കൂ അതുപോലെ ഒരു വലിയ ജലാശയത്തിൽ വെള്ളം ധാരാളം കിടപ്പുണ്ടെങ്കിലും അത് തൽക്കാലം എന്താണോ ആവശ്യം അതുമാത്രമേ നിന്ന് സ്വീകരിക്കു ഇത്ര സിമ്പിളാണ് ഇവിടെ യാനം അമൃതപാനം താവാനും സമ്മതോ തവ പറ കിടന്ന് കുഴഞ്ഞു മറിയേണ്ട യാതൊരാവശ്യവും പിന്നെ ശങ്കരാചാര്യ പറഞ്ഞു ബ്രാഹ്മണ സ്യാമിച്ച സന്യാസിന് ഹാങ്ങ ബ്രാഹ്മണൻ അപ്പോ അതിന്റെ ആവശ്യമില്ലെന്നാണ് ബ്രാഹ്മാനുജാചാരഭിപ്രായം അതുകൊണ്ടാണ് ബ്രാഹ്മാനുജാചര്യമൂക്ഷമോന്നു അത് പിന്നെ ശങ്കരാചാര് സന്യാസിന്നുകൊണ്ട് അർത്ഥം പറഞ്ഞു അതിനെക്കുറിച്ചുകൂടെ വ്യാഖ്യാതങ്ങൾ പറയുന്നുണ്ട് ബ്രാഹ്മശ അത്ര സന്യാസിപരത്തില ശങ്കരവ്യാഖ്യാതം അതിമന്ദ നമ്മളിപ്പോ ഒരാളോട് പറയുന്നത് അതെ മണ്ടത്തരം കാണിക്കാതെ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം നീ മണ്ഡലമാണെന്നാണ് എന്റെ അർത്ഥം അല്ലെ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് സന്യാസി എന്നർത്ഥം പറഞ്ഞ പേരെടുത്ത് പറഞ്ഞു പറയണേ ശങ്കരാചാര്യരുടെ ആ വ്യാഖ്യാനം അതിമന്ദതയാണ് അതിമൂഢത്തരമാണ് മൂഢത്തരം തന്നെ പറയുന്നത് അങ്ങേറ്റം മൂഢത്തരമാണെന്നു വെച്ചാൽ ശങ്കരാ മൂഢനായി എന്ന് പറയാതെ പറയുകയില്ല പറഞ്ഞുതന്നെ അങ്ങ് പറയുകയാണ് അതിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രാമാനുജാചാര്യതൊന്നും മണ്ടത്തല്ല തന്റെ അർത്ഥം പറയുകയുള്ളൂ പക്ഷേ വേദാന്ത ദേശീയ അങ്ങനെയല്ല പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവും നിർബന്ധമുള്ള മുട്ടത്തിലാണ് അപ്പോ ശങ്കരായ വ്യാഖ്യാനം അതീവ മണ്ടത്തനമാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല െന്തൊക്കെ പ്രമാണമെന്ന് തോന്നാലും ശരി രാമാനുചാചാര്യർ വ്യാഖ്യാനിച്ചതാണ് ശരി എന്താണ് വൈദികസ്യ മോക്ഷം വൈദിക മോക്ഷം പറഞ്ഞാൽ വൈദികൻ എന്ന് പറയുന്നത് വേദാധ്യനം ചെയ്യുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ മൂന്ന് പേര് അങ്ങനെയുള്ള മോക്ഷക്കൾ എന്നർത്ഥം പറയാം അപ്പോ അവിടെയും അതുവന്നെ ഇപ്പോ ശങ്കരാചാര്യ സന്യാസി എന്നർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ സിദ്ധാന്തമനുസരിച്ച് തന്റെ എന്താണ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നവനാണ് പൂർണ്ണമായും സന്യാസി അനാശ്രത കർമ്മഫലം കാര്യം സസന്യാസി സ നിരഗ് നച്ചക്രിയ ഇത് ചങ്കരൊരിക്കലും അംഗീകരിക്കില്ല ഭഗവാൻ പറഞ്ഞൊക്കെ ശരി എന്താണോ അനാശ്രത കർമ്മം കർമ്മഫലത്തെ ആശ്രയിക്കാതെ കരിം കർമ്മകരോ ആരാണോ താൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നത് കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ താൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുന്നത് സസന്യാസി യോഗ അവനാണ് സന്യാസി അവനാണ് യോഗി കർമ്മം ചെയ്യുന്നവനാണ് സന്യാസി കർമ്മം ചെയ്യുന്നവനാണ് യോഗി എന്ന് ഭഗവാൻ നേരത്തെ പറയുക ഞാൻ ഒരു അഗ്നി വൈദികമായ കർമ്മങ്ങളെ അപേക്ഷിച്ചവനല്ല ചക്രിയ ഒരു പ്രവർത്തിക്കാതിരിക്കുന്നവനുമല്ല നമ്മളെപ്പോ അവനും സന്യാസി ഇത് ഭഗവാന്റെ ഭാഗ്യമാണ് വ്യക്തമായി പറയുന്നത് പക്ഷേ ശങ്കരാചാര്യത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ച് വളർച്ച ഓടിച്ച് മുറയ്ക്കൊക്കെ വ്യാഖ്യാനിച്ചിട്ട് തന്റെ സിദ്ധാന്തത്തിൽ കൊണ്ടെത്തിയ നിത്യസന്യാസി യോനദ്വേഷ്ഠിനാം ശതി നിത്യസന്യാസി സന്യാസി ആയിരിക്കുന്നവനാരാണ് ശരി ഒന്നിനെയും വെറുക്കുന്നില്ല ഒന്നിനും ദുരാഗ്രഹവും ഇല്ല അവനാണ് നിത്യസന്യാസി ഇതൊക്കെ പറയും എന്നാലും ശങ്കരാചാര്യ നിരഗ്നിയെ സന്യാസിയെ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം വന്നപ്പോ സന്യാസി എന്ന് വ്യാഖ്യാനിച്ചത് അപ്പോ ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു പോകുമ്പോ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൽ ശരിയല്ല ഇവിടെ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യ കാരണം സന്യാസി എന്താണെന്ന് പറഞ്ഞല്ലോ കർമ്മത്തെ ഉപേക്ഷിക്കുന്നവനല്ലോ അപ്പോ അതിനെക്കുറിച്ച് വിശദമായിട്ട് വ്യാഖ്യാനത്തി വരും അത് പിന്നീട് പറയാം